മനുഷ്യർക്ക് മാർഗദർശനമായും നേർവഴിയുടേയും സത്യവും അസത്യവും വേർതിരിച്ചറിയുന്നതിൻറെയും വ്യക്തമായ തെളിവുകളായും ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ അതിനാൽ നിങ്ങളിൽ ആരെങ്കിലും ഈ മാസത്തിന് സാക്ഷിയായാൽ അവൻ നോമ്പനുഷ്ഠിക്കട്ടെ എന്നാൽ ആരെങ്കിലും രോഗിയോ യാത്രയിലോ ആണെങ്കിൽ മറ്റു ദിവസങ്ങളിൽ പകരം നോമ്പനുഷ്ഠിക്കണം അള്ളാഹുസുബാനുഹുവ തായാല നിങ്ങൾക്ക് എളുപ്പമാണുദ്ദേശിക്കുന്നത് പ്രയാസമല്ല നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങൾ പൂർത്തിയാക്കാനും അവൻ നിങ്ങൾക്ക് നൽകിയ ഹിദായത്തിന് അള്ളാഹു ഹുസുബാന ഹൂവത്ത ആലയെ മഹത്വപ്പെടുത്താനും വേണ്ടിയാണത് നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയുമാണ് ഇത്